രാജാവ് പറഞ്ഞു ഏഴ് തടിച്ച പശുക്കളെ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഭക്ഷിക്കുന്നതായും ഏഴ് പച്ചക്കതിരുകളും മറ്റു ചിലത് ഉണങ്ങിയതായും ഞാൻ കാണുന്നു ഓ സദസ്സേ നിങ്ങൾക്ക് സ്വപ്നവ്യാഖ്യാനം അറിയാമെങ്കിൽ എന്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തരണമേ